ഭഗവാൻ രമണ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി ജ്ഞാനം നേടിയൊരു മഹാത്മാ വലിയ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇപ്പൊ നയന്റീസിൽ പോയി അദ്ദേഹം പറയും വലിയ ജ്ഞാനനിഷ്ഠനായിരുന്നു ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹം പറയും ഒരു സമയത്ത് ചിലർ വന്നിട്ട് ഒരുപാട് വിഷമിക്കും ദാരിദ്ര്യം വിഷമം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉള്ളിലൊരു കമ്പാഷൻ വരും അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അനുഗ്രഹം ചെയ്യണമെന്ന് സ്പോൺടേനിയസ് ആയിട്ട് വന്ന കയ്യിലുണ്ടാവും ഇത്ര പണം കൈയിലുണ്ടാവുക എന്തെങ്കിലും സാധനം അവർക്ക് കൊടുക്കാൻ വേണ്ട വസ്തു കൈ അടച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ ഡെലിബറേറ്റ് ആയിട്ട് അത് വേണ്ട വെച്ചു തന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഥ പോലെ ആവും ഇതിപ്പോ എന്തിനാ പറയണത് എന്ന് വെച്ചാൽ ഈ ലോകത്തിന് അത്രേ സത്യത്വം ഉള്ളൂന്ന് അറിയാം നിങ്ങളുടെ സയൻസൊക്കെ വെറും കള്ളമാണ് ഇറ്റ് ഇസ് ഓൾ ഓഫ് ഡ്രീം പ്രോഡക്ട്സ് നിങ്ങൾ ഈ പറയണത് ഗുണം കേണു അത് വേണം ഭാഗവതത്തിൽ ഇപ്പൊ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ വന്നു വൈ തൂണിന്റെ തൂണിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ വന്നു വരും വരും നിങ്ങൾക്ക് ഭാവമുണ്ടോ ഭാവമുണ്ടെങ്കിൽ ഒരു പാഷാണത്തിൽ ഭഗവാൻ വരും ഒരു കല്ലിൽ ഭഗവാൻ വരും ഈശ്വരത്വം ഇറ്റ് കൻ മാനിഫെസ്റ്റ് എനിവെയർ ഇത് സോളിഡ് വേൾഡ് എന്ന് പറയണം ഇത് വെറും വെറും സ്വപ്നം ഈ സ്വപ്നത്തിൽ പോയി കാര്യങ്ങൾ സാധിക്കാൻ നിൽക്കാതെ ഉണരാതണം ഒത്തിരി സ്വപ്നമൊക്കെ അവസാനിപ്പിക്ക എത്ര നല്ല സ്വപ്നമാണെങ്കിൽ സ്വപ്നം സ്വപ്നം മാത്രമാണ് ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യസ ചരാചരം മമദേഹേ ഗുഡാകേഷ എന്റെ ശരീരത്തിലെ ഹേ അർജുന എന്തൊക്കെ നിനക്ക് കാണാൻ ആഗ്രഹം ഒക്കെ കണ്ടോടാ നീ തനിക്ക് സങ്കല്പൊക്കെ ഫ്രക്ടിഫൈ ആവും ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവും കണ്ടോളാം അപ്പൊ അർജുനൻ പറഞ്ഞു എങ്ങനെ ഒന്നും കാണാനില്ലല്ലോ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പ ഐ വിൽ ഗിവ് യു സം സ്പെഷ്യൽ പവർ ത്രീ ഡി കാണാൻ ഒരു കണ്ണാടി കൊടുക്കില്ലേ ഇതുപോലെ ഭഗവാൻ പറഞ്ഞു ഞാൻ ഒരു പ്രത്യേക ഒരു കണ്ണ് തരാം ഈ കണ്ണുകൊണ്ട് കാണുന്ന പോലെ തോന്നും പക്ഷെ ഉള്ളിൽ ഒരു കണ്ണ് തുറക്കേണ്ടിയിരിക്കണം അതുകൊണ്ട് കണ്ടുകൊള്ള നതുമാം ശക്യേ ദ്രഷ്ടും ുഷാം ദിവ്യം ചു പശ്യമേ യോഗമൈശ്വരം സിദ്ധികളെയൊക്കെ പറയുമ്പോൾ ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഭഗവാൻ പറയണ്ടേ ഒരു പ്രത്യേക സ്ഥലത്തിൽ സംയമം ചെയ്താൽ ഈ വിശ്വരൂപദർശനം ഉണ്ടാവും യോഗികൾക്ക് പോലും സാധ്യമാണെന്നാണ് ഭഗവാൻ തന്നെ പറയേണ്ടത് വിരാട് രൂപ ദർശനമുണ്ടാവും ഇപ്പോ വ്യാസൻ തന്നെ ഹസ്തനാപുരത്തിൽ ഇരുന്നു കൊണ്ട് ശക്തി കൊടുത്തു കണ്ടുകൊള്ളുക എന്നു ഇവിടെ ഇരുന്ന് ആ യുദ്ധഭൂമിയിൽ നടക്കണമൊക്കെ കണ്ടുകൊടുമു അടുത്ത് ചോദിച്ചു നിങ്ങൾ നേരിട്ട് കാണുമെന്ന് ചോദിച്ചോയ്യോ കാണാൻ എനിക്ക് വയ്യാന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടാ മതി പറഞ്ഞു ചിലർക്ക് വീഡിയോ ഇഷ്ടമല്ല ഓഡിയോ മതി കേട്ടാ മതി അങ്ങനെയാണ് സഞ്ജയൻ ആ ശക്തി കൊടുത്ത് സഞ്ജയൻ പറയണത് അപ്പോ ഇവിടെ നതുമാം ശ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ആന്തരികമായ ഒരു കണ്ണു വേണം ദിവ്യം ദദാമിത ചുരു ദിവ്യമായ കണ്ണ് ഞാൻ തനിക്ക് തരാം എല്ലാം ഈ സ്പിരിച്വൽ വിഷൻസ് ദർശനങ്ങളൊക്കെ തന്നെ ആന്തരികമായ കണ്ണുകൊണ്ടാണല്ലോ അതുകൊണ്ട് എപ്പോഴും നോക്കും നമ്മളെ ശാസ്ത്രങ്ങളൊക്കെ ഗുരു അനു ഉപദേശിക്കുമ്പോ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു അനുഗ്രഹമുണ്ട് ഉപദേശിക്കണതിനു മുമ്പ് അനുഗ്രഹിക്കുക ഭാഗവതത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുമ്പോ തന്നെ പറയണം ഞാൻ പറയണതൊക്കെ എനക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ അനുഗ്രഹിക്കണോ അല്ലെങ്കിൽ ഈ മൂളയും വെച്ചോണ്ട് ഈ ബുദ്ധിയും വെച്ചോണ്ട് ഒന്നും മനസ്സിലാവല്ലേ പട്ടണത്താർ പറഞ്ഞു ഗുരു ഉപദേശിച്ചു ഉപദേശിച്ചു ഉപദേശിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെയോ ഉപദേശിച്ചു ഇരുളാന പൊരുൾ കണ്ടതല്ലാൽ കണ്ട എന്നെയും കണ്ടില്ലേൻ എന്നടി തോഴി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ് തോഴിയുടെ അടുത്ത് സഖിയുടെ അടുത്ത് പറയണം എനിക്കൊന്നും മനസ്സിലായില്ല ഒക്കെ ഇരുട്ട് ഇരുട്ടായിട്ട് കണ്ടുവന്നാണ് അരുളാലേ എവയും ഗുരുവിനെടുത്ത് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു എനിക്ക് വേറെ ഒരു പവർ തരാം ഒരു കൃപ അത് തന്നാൽ നീ കാണും എവിടെ തന്നെ കാണും ഇവിടെ തന്നെ കാണുന്നതൊക്കെ ജ്യോതിഷ ഈശൻ കലയൻ വേറൊന്നും കണ്ടില്ലേൻ തോഴി ദുഷ്ട ഇരുളാം കലയെ കളൈന്ദേൻ ഉള്ളിൽ അജ്ഞാനത്തിന്റെ കല പറ കളഞ്ഞപ്പോ ഈശൻ കലയൻ വേറൊന്നും കണ്ടില്ലേ തോരന്റെ കലാച്ചുള്ള തമിഴിൽ രണ്ടർ ഒന്ന് നമ്മള് വയലിൽ പറിച്ച് കളയുന്ന കല വീട് മറ്റൊന്ന് കലച്ച ജ്യോതി ഈശൻ കലയൻ വേറൊന്നും കണ്ടില്ലേ തോ മുഖല എന്ന കല അപയോ തമിഴ് ഒരു സ്വാമിയെ പാത്ര അവർ മുഖത്തിലെ തവക്കളെ അപ്പം തവക്കളേനെ തമിഴില് ഒരാളുടെ മുഖത്ത് നോക്കിട്ട് കള എന്ന് പറഞ്ഞു തവക്കളെന്ന് പറഞ്ഞു തവക്കളെന്ന് പറഞ്ഞ പോലെ ഉണ്ടോ മുഖം ഈശൻ കളയൻ വേറൊന്നും കണ്ടില്ലേൻ തോഴി ഈശ്വരന്റെ ജ്യോതി കണ്ടു ഇഫൻസ് അതെങ്ങനെ കണ്ടു ഗ്രേസ് ഈ കണ്ണ് തന്നെ ഇറ്റ് ഗെറ്റ്സ് ഡും വാസ്തവത്തിൽ നമ്മൾ ഈ കണ്ണുകൊണ്ടൊന്നുമല്ല കാണുന്നത് യോഗികൾ ഇങ്ങനെ എങ്ങനെയൊക്കെ കാണുന്നതാണ് പറയുക ഒരു വിളക്ക് കൊളുത്തിവെച്ച എല്ലായിടത്തേക്കും വിളിച്ച പോലെ വിശ്വത വിശ്വതോ മുഖോ വിശ്വത്തോ ഹസ്ത വിശ്വതസ്പാത് സർക്കുലർ വിഷനാണ് ആ വിഷൻ കണ്ണുകൊണ്ടൊന്നുമല്ല ആ ഉള്ളിലുള്ള ജ്യോതി തന്നെ എല്ലാം കാണും ഇറ്റ്സ് ഓൾ നോയിങ് യെ സർവജ്ഞ അതിന്റെ ഒരു ചെറിയ ഒരു കൃപ ഉണ്ടാവുമ്പോ അലൗകിക വസ്തുക്കൾ കാണാനും വിശ്വസിക്കാനും ഉള്ള ശക്തി ഉണ്ടാവും വിശ്വാസം പോലും ഒരു കണ്ണാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു കണ്ണാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയണ്ട് ലോങ് ബിഫോർ സൺറൈസ് ബേഡ് സ്റ്റാർട്ട് ചിർപ്പിംഗ് സൂര്യൻ ഉദിക്കണതിന് മുമ്പ് തന്നെ പക്ഷികള് കൂജനം ചെയ്ത് തുടങ്ങും ഇല്ലേ അവർക്ക് എങ്ങനെ അറിഞ്ഞു അവർക്ക് വാച്ച് ഉണ്ടോ നമുക്ക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇല്ലേ നമുക്ക് വാച്ച് ഇല്ലെങ്കിൽ സമയം അറിയില്ല സൂര്യനുദിക്കാനായോ അറിയില്ല ഒന്നും അറിയില്ല ഈ പക്ഷികള് സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ചലച്ചു തുടങ്ങും വിന്ദനാട്ടോ നോ ഹൗ ടു ഫീൽ ലൈറ്റ് വെളിച്ചത്തിനെ കാണണ്ട ദീൽ ലൈറ്റ് നമുക്ക് സെൻസ് ഉണ്ടോ നമ്മളുടെ സെൻസ് നമുക്ക് ഇണ്ട് പക്ഷെ നമുക്ക് പോയി കാരണം എന്താ നമ്മൾ പുറത്തുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം ശരിക്കും എല്ലാ ഇൻസ്ട്രുമെന്റും വേണ്ടെന്ന് വെച്ച് ഇതൊക്കെ ആശ്രയമാണ് വെച്ച് അവസാനം മനസ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റും ആ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ എല്ലാം അറിയും അപ്പൊ മരുന്നുകട വേണ്ട ആസ്പത്രി വേണ്ട ഒന്നും വേണ്ട എന്ത് മരുന്ന് വേണോ അപ്പൊ അറിയും എന്ത് രോഗത്തിനും പരിഹാരം വേണോ അറിയും മരണം പോലും മുൻകൂട്ടി അറിയും പ്രകൃതിയിൽ മരണത്തിനെ മുൻകൂട്ടി അറിയാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ മനുഷ്യൻ മാത്രം അറിയോ നമ്മൾ വലിയ അഭിമാനിക്കുന്നുണ്ടല്ലോ ഏറ്റവും ബുദ്ധിയുള്ള ജീവി എന്നാണ് ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കണ ഒരു ക്യാൻസറാണ് ഒരു രോഗാണ് വളരെ ആശ്ചര്യമാണ് നോക്കൂ കാട്ടിലെ ആഫ്രിക്കയിൽ കാട്ടിലെ ആനകളൊക്കെ ഒരന മരിക്കാൻ ആയി കഴിഞ്ഞാൽ അതിനറിഞ്ഞ് ഒരു സ്ഥലത്ത് പോയി ഒരേ സ്ഥലത്ത് മരിക്കണുന്ന് പുതിയ പുതിയൊരു കണ്ടുപിടുത്തം പോവും ഒരേ സ്ഥലത്ത് അവരുടെ ഒരു ക്രിമിയേഷൻ ഗ്രൗണ്ട് പോലെ ബാക്കിയുള്ള ആനകളൊക്കെ അവിടെ വന്ന് നിക്കുവത്ര ഏഴ് ദിവസം പത്ത് ദിവസമൊക്കെ ആവും ആന മരണത്തിന് വെയിറ്റ് ചെയ്ത് നിക്കണം അതിന് മരണം കഴിയണവരെ മറ്റേ ആനകളൊക്കെ നിന്നിട്ട് തിരിച്ചു പോണു എന്നൊക്കെ പറയും പക്ഷികളൊക്കെ എത്ര പക്ഷികളുണ്ടല്ലേ എത്ര കാക്കകളുണ്ട് ഈ കാക്കയെ ഒരു മനുഷ്യൻ തിന്നില്ല അതൊക്കെ എവിടെയെങ്കിലും നാച്ചുറൽ ആയിട്ട് മരിച്ചു കിടക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കൂ അതിന്റെ ഏതോ ഷോക്ക് അടിച്ചു മരിച്ചു കിടക്കണത് ഉണ്ടാവും അല്ലാതെ അതൊക്കെ എന്ത് സംഭവിക്കണു നമ്മളാണ് ഈ ശവകുടീരം ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി സെമിത്തേറികൾ ഉണ്ടാക്കിയ സ്ഥലമില്ലാതായിരിക്കണപ്പോ ഭൂമിയിൽ ഇത്തരം പക്ഷികളുണ്ട് എവിടെ പോയി മരിക്കണോ അവരൊക്കെ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നമ്മൾ നോക്കാൻ തുടങ്ങി ആ ഒരു കണ്ണു നോക്കിയാൽ അറിവ് തന്നെ സമാധിയാണ് അറിയുമ്പോ തന്നെ സമാധി അനുഭവമാണ് ആശ്ചര്യം ഈശ്വരനെ കാണും നമ്മളിവിടെ എന്തോ നമ്മളൊരു യോഗി എവിടെയോ ഉള്ള കാര്യം ഒരു പ്രാവശ്യം എപ്പോഴോ ഒരു കാര്യ സമയത്ത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ വലിയ കാര്യം എന്ന് പറയണം ഇവിടെയുള്ള നായ്ക്കും പൂച്ചയ്ക്കൊക്കെ ഉള്ള ശക്തി ഉണ്ട് ഒരു വൈദ്യനെ എന്തോ ഒരു രോഗം കണ്ടുപിടിക്കാനുള്ള ശക്തി ഉണ്ടായെന്ന് വെച്ചാൽ അയാളെ നമ്മൾ എന്തോ പറയണു ഒരു നായ അതിന് സൂക്കെടുവെന്നാൽ എവിടെയോ പോയിട്ട് എന്തോ തിന്നിട്ട് വരണു പൂച്ചക്കറിയണം കൊരങ്ങിനെ അറിയണു ഈശ്വരത്വം എല്ലായിടത്തും വിശ്വം മുഴുവൻ നോക്കിയാൽ ഏറ്റവും ശോചനീയമായ ജീവി നമ്മളാണ് കാരണം എന്താ നമ്മള് ആശ്രയമുള്ളവരാണ് മനസ്സിനെ ആശ്രയിക്കണു ബുദ്ധിയെ ആശ്രയിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് ഒരുപാട് ആശ്രയം അതുകൊണ്ട് എന്താ സോഴ്സ് എന്നുള്ള അറിവ് പോയി നമുക്ക് അപ്പൊ ആ അറിവ് സ്പെഷ്യൽ ആയിട്ട് ഈശ്വരൻ വന്ന് തരണ്ടിയിരിക്കണം അതുകൊണ്ട് നോക്കൂ അധ്യാത്മമായിട്ടുള്ള ദർശനങ്ങളൊക്കെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലേ സ്വപ്നത്തില് മഹാത്മാക്കളെ കാണുക ജ്ഞാനികളെ കാണുക ഇതൊന്നും സ്വപ്നമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് അതൊക്കെ ആന്തരികമായി ചക്ഷുസുകൊണ്ട് കാണുന്ന ഒരു ദർശനം ഇപ്പോ ഉപദേശം ജാഗ്രതത്തിൽ നടക്കുന്നതിനെക്കാളും പ്രബലമാണ് സ്വപ്നത്തിൽ നടക്കുന്നത് അധ്യാത്മമായിട്ട് സ്വപ്നം ജാഗ്രതത്തിനേക്കാളും സത്യമാണ് എന്താന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട് ഇനിയും കൂടുതൽ അടുത്തുണ്ട് സ്വപ്ന ജാഗ്രതത്തിൽ ചിലതിനൊന്നും നമ്മളുടെ മേലെ പ്രഭാവം ഉണ്ടാവില്ല സ്വപ്നത്തിന് പ്രഭാവം കൂടും അപ്പോ ഈ ഒരു വിഷൻ ഇവിടെ അർജുനൻ ഉണ്ടാവണത് വിശ്വത്തിലെ എല്ലാ സ്ഥലത്തുമായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് അർജുനൻ ഭഗവാൻ കാണിച്ചു കൊടുക്കണത് ഒരു സ്ഥലത്ത് പക്ഷെ അതിന് ഇമ്പാക്ട് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഈ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ പറ്റില്ലേ അതുകൊണ്ട് നിനക്ക് ദിവ്യമായ ഒരു ചക്ഷുസ് ഞാൻ നിനക്ക് തരാം യോഗശക്തിയെ കണ്ടുകൊള്ളുക തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുക്ക സജയോ വാച ഏമുക്രാജൻ മഹായോഗർശയാമാസ പാർ പരമം മരം കൃഷ്ണാവതാരത്തിൽ മാത്രമാണ് വിശേഷം യോഗേശ്വരോ ഹരി രാമാവതാരത്തിലൊന്നും പറയണില്ല ഭഗവാൻ യോഗേശ്വരനായിട്ട് തന്നെയാണ് ഇരുന്നത് ഒരു മറയുമില്ല വിത്ത് ഓൾ പവേഴ്സ് അല്ലേ അതാണ് ഭാഗവതത്തിലെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞു ഈശ്വരത്വത്തോടുകൂടെയാണ് വിത്ത് ഫുൾ ഡെമോൺസ്ട്രേഷൻ ആണ് തന്റെ എല്ലാ പവറും തന്റെ കൈവശം വെച്ചുകൊണ്ട് കാരണം അത്രയും മോശമായ ഒരു കാലായിരുന്നു അതുകൊണ്ട് രാമനെ പോലെ വന്നാലും അത് ആളുകൾ കയറി നടന്നുകളേ അതുകൊണ്ടാണ് ലീലാസുഖൻ പറഞ്ഞത് യശോദ കഥ പറഞ്ഞു കൊടുത്തു അത്ര കുട്ടി കൃഷ്ണനെ മടിയിൽ വെച്ചിട്ട് ഊണ് കഴിക്ക് കൃഷ്ണ ഞാൻ കഥ പറഞ്ഞു തരാം ഉറങ്ങൂ എന്ന് പറഞ്ഞു ഉറങ്ങാൻ കഥ പറഞ്ഞു കൊടുത്തപ്പോ രാമായണൻ കഥ പറഞ്ഞു കൊടുത്തു എന്നിട്ട് രാമൻ കാട്ടിലേക്ക് പോയി രാമൂ നാമ കൃഷ്ണൻ ഉറങ്ങാന്ന് കുട്ടി ഉറങ്ങാണ് രാമോ നാമ ബണം ഭഗവാനെ തന്നെ ബോറിടിച്ചു സോ സോ സോ സോ ഒരു ഉത്സാഹി ഉം അങ്ങനെ ശ്ലോകം അങ്ങനെയാണ് ശ്ലോകം രാമോ നാമ ബബൂ തദവലാ സീതേതിർവാചാ പഞ്ചവട്ടി തടേ വിഹറത കുട്ടി ഉറങ്ങണമെന്നുണ്ടപ്പോ വേഗം കഥ പഞ്ചവടി വരെ പോയി പഞ്ചവടിയിൽ ഗോദാവരിയുടെ തീരത്തില് രാമനും സീതയും കൂടെ ഇരിക്കുമ്പം താമാഹരദ്രാവണ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞതും ആ രാമനല്ല അവിടെ പകുതി ഉറക്കത്തിൽ ഉറങ്ങാൻ പുറപ്പെട്ടതാണ് ചാടി എണീറ്റം ശൃണ്വൻ കഥ ആ കഥ കേട്ടുകൊണ്ട് ഹരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൗമിത്രേ സ്വയം രാമനായിട്ട് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഏ ലക്ഷ്മണ വില്ല എവിടെ വില്ല് കൊണ്ടുവരും ഇപ്പൊ തന്നെ ഒക്കെ തീർത്താ ഈ രാമനായിരുന്നു അപ്പോഴേ കഥ കഴിയുവായിരുന്നു ഇത്രയൊന്നും ബോർ അടിച്ച് നീട്ടിക്കൊണ്ടുപോല സൗമിത്രേ നുർധനുർത്തി പോക്കില്ല അപ്പൊ കൃഷ്ണാവതാരത്തിൽ ഈ രാമാവതാരം പോലെ കരച്ചലൊന്നുമില്ല ഏ ഭഗവാൻ രാമാവതാരത്തിലാണ് ഒരേ ട്രാജഡി എല്ലാം പറഞ്ഞ ആക്കണം നല്ല മകൻ ഒക്കെ മഹാഭോ സോസോ സോസോ നായി ഭഗവാൻ അവിടെ രാമാവതാരത്തിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ഇരുന്നാൽ അപ്പോ അതാണ് സുഖബ്രഹ്മ മഹർഷി പറഞ്ഞത് രാമൻ കരഞ്ഞു സീതയെ പിരിഞ്ഞു അങ്ങനെ ഇരുന്നാൽ കരയേണ്ടി വരുന്നു കാണിച്ചുകൊണ്ടും നടന്നു എന്നാണ് സീതയെ പിരിഞ്ഞ് കരഞ്ഞപ്പോ പറഞ്ഞു സ്ത്രീസങ്കിനതിമിതി പ്രഥയംശാര വിളിച്ചുകൂവികൊണ്ട് നടന്നു മനുഷ്യന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് ഭഗവാൻ വിളിച്ചുകൂവിക്കൊണ്ട് നടന്നു രാമനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആരാ മഹായോഗേശ്വരോ ഹരിഹി ഒന്നില് സങ്കല്യ എല്ലാ കുണ്ടാമണ്ടിയുണ്ട് എല്ലാ പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിന്റെ നടുക്കലും എല്ലാ കൊഴപ്പങ്ങളുടെ നടുക്കും ഉണ്ട് ഒന്നിനോടും സദാ ചിരിച്ചുകൊണ്ട് അവസാനം ലൈഫ് സക്സസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ മഹാഫെയിലുവർ തൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ പരസ്പരം അടിച്ചു ബഹളം കൂട്ടി എല്ലാരും പറഞ്ഞു പ്രഭാസ് ലാസ്റ്റ് വരെ പിക്നിക്കാണ് ജനിച്ച ദിവസം രാത്രി സർക്കിറ്റ് ആരംഭിച്ചതാണ് അല്ലേ ഒരു കോട്ടയിൽ വെച്ചിട്ട് കൊണ്ടുപോയി വസുദേവൻ അന്ന് മുതൽ അവസാനത്തെ ദിവസം വരെ യാത്രയാണ് അവസാനം പുറപ്പെട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുമ്പോ അടുത്ത് പറഞ്ഞു ഇന്നെങ്കിലും ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾ ആരും വജിരാപാനം ചെയ്യരുത് എന്ന് പറഞ്ഞു ബോട്ടിലൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞു അവര് പറഞ്ഞു ഏ ഞങ്ങൾ എടുക്കണേ ഇല്ല ഭരണിയിൽ കൊണ്ടുപോകാന്ന് ഒക്കെ പ്രഭാസ പോയി പറഞ്ഞേ കേൾക്കാതെ പരസ്പരം അടിച്ചു മരിച്ചു അപ്പോഴും ഭഗവാൻ ചിരിച്ചു കൊണ്ടേയിരുന്നു കൃഷ്ണാവതാരത്തിൽ ആദിമ്യ ആനന്ദരൂപ ഭഗവൻ ഗീതയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം കൃഷ്ണനാണ് ഭഗവാൻ രമണ ഭഗവാന്റെ ഒരു ഭക്തൻ കാശിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ ഗീത അദ്ദേഹം ഗീതയൊന്നും വായിച്ചിട്ടില്ല നല്ല യോഗിയാണ് പക്ഷെ ഗീതയോ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഗംഗാതീരത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ തേജോമയമായ ഒരാൾ വന്നു ഒരു കൗപീനം മാത്രം ധരിച്ച ഒരാൾ വന്നിട്ട് ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്നു ശരി പഠിക്കാം അതുവരെ പോയി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഗീത പഠിക്കുമ്പോ അർജുനനായിട്ട് പഠിക്കരുത് കൃഷ്ണനായിട്ട് പഠിക്കുന്നു അർജുനനായിട്ട് പഠിച്ചാൽ പഠിച്ച് കേട്ട് കഴിഞ്ഞിട്ടൊക്കെ നന്നായിട്ടുണ്ടെന്ന് മറന്നുപോയി കളഞ്ഞു കൃഷ്ണനാണ് ഗീതയുടെ വ്യാഖ്യാണ് എല്ലാ ഞാനി എങ്ങനെ ഇരിക്കണം യോഗേശ്വരന് എല്ലാ മായ എന്താന്നറിയാം എല്ലാത്തിന്റെ നടുവിലും ഒരു സംഘമില്ല യാതൊന്നിനോട് സംഘമില്ല ഗീതയുടെ വ്യാഖ്യാനമാണ് ഭാഗവതം ഭാഗവതം എന്താ ഗീതയുടെ വ്യാഖ്യാനം മഹായോഗേശ്വരോ ഹരി മഹാ മഹായോഗേശ്വരനായ ഹരി ഇവിടെ അർജുനനോട് പറയാണ് കണ്ടോള എന്താ കണ്ട കണ്ടുകൊള്ളുക ദർശയാമാസ പാർത്ഥായ പാർത്ഥനായി കൊണ്ട് കാണിച്ചു കൊടുത്തു എന്ത് കാണിച്ചു കൊടുത്തു രൂപം ഐശ്വരം തന്റെ ഐശ്വരം രൂപം ഈശ്വര രൂപത്തിന് ശക്തിയെ പ്രഭാവത്തിന് കാണിച്ചു കൊടുക്കാണ് വിശ്വരൂപത്തിനെ കാണിച്ചു കൊടുക്കുകയാണ് ഈശ്വര സംബന്ധിയായി തന്റെ നിരതിശയമായ രൂപത്തിനെ കാണിച്ചു കൊടുക്കാണ് ആ രൂപം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു വച്ചോ വിഭൂതി സഞ്ജയനും മുമ്പിൽ കാണണുണ്ടല്ലോ അപ്പൊ കാണുമ്പോ ഇങ്ങനെ ധൃതരാഷ്ട്രോട് പറയണതാണല്ലോ നമുക്ക് കിട്ടണത്തെ അല്ലേ ആ വിശ്വരൂപത്തിനെ സഞ്ജയൻ വർണ്ണിക്കുകയാണ് നോക്ക അനേകനം അനേകാദ്ഭുതദർശനം േക ദിവ്യഭരണം ദിവ്യനേകോദ്യതുധം ദിവ്യമാലയാംബരധരം ദിവ്യഗന്ധാപനം സർവാശ്ചര്യമയം ദ അനന്തം വിശ്വത്തോ മുഖം ക്തനയനം കാണുന്നത് മുമ്പിൽ ഒരു മുഖം ഒന്നുമല്ല അനേകം മുഖം എവിടെ നോക്കിയാലും ഭഗവാന്റെ മുഖാണ് എവിടെ നോക്കിയാലും മുഖം കണ്ണ് കാതു ഒക്കെ ഉള്ളവനാണ് ഈശ്വരൻ അല്ലേ ഒരു ചെറിയ പുഴു എടുത്ത് നോക്കും അതിനൊരു കണ്ണുണ്ട് ഒരു മൂക്കുണ്ട് ചെവി ഉണ്ട് എല്ലാം ഒരു ശരീരം ചീഞ്ഞുപോയാൽ അതിനകത്ത് കുറെ മൈക്രോപ്സ് ഒക്കെ വരും അതിൻ്റെ അടുത്തേക്ക് എടുത്തു നോക്കൂ അതിനൊരു കണ്ണുണ്ട് ഒരാഹമുണ്ട് ഒരു ഒരു ജീവൻ ഉണ്ട് അതിനൊരു ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് ഈ ഇന്ദ്രിയങ്ങളൊക്കെ എവിടെ വന്നു എല്ലാം ഒന്നും പുനർജന്മം കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല കഴിഞ്ഞ ജന്മത്തിന്ന് കൊണ്ടുവന്നു പറയാൻ പറ്റില്ല സദ്യോജാതം പ്രപദ്ധ്യമി സദ്യോജാതായി നമോ നമ എവിടെ നോക്കിയാലും കണ്ണുണ്ട് ചെവി ഉണ്ട് സർവത്ര ദൃശ്യതയാണ് ഈ കണ്ണും ചെവിയും മൂക്കുമൊക്കെ ഈശ്വരന്റെ വിശ്വരൂപത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് ആത്മാവിന്റെ പവറാണത് അത് കാണണം എന്ന് വിചാരിക്കുമ്പോ കണ്ണാവണു കേൾക്കണമെന്ന് വിചാരിച്ചാൽ ചെവിയായി മഴക്കണം എന്ന് വിചാരിച്ച മൂക്കായി രുചിക്കണം എന്ന് നാവായി അഭിമാനിച്ചപ്പോ അഹങ്കാരമായി സങ്കല്പിച്ചപ്പോ മനസ്സായി എല്ലാം വേണ്ട ഏകമായിട്ടിരിക്കണം തിരിഞ്ഞപ്പോ ബ്രഹ്മമായി എല്ലാം അതിന്റെ പവറാണ് കാണെന്ന് വിചാരിന്നേ ഇപ്പോൾ കുട്ടികളെ ജനിക്കുമ്പോൾ ചൈതന്യ പിണ്ഡമായിട്ടാണ് ജനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമ്മളുടെ ജീവിതം സമഗ്രമായിട്ട് നോക്കിയാൽ തന്നെ സമാധി അനുഭവമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ഒരു ചൈതന്യം മാത്രമാണ് അതിന് കാണൽ കേൾക്കൽ ഒന്നുമില്ല അത് സന്തോഷം അതുകൊണ്ടാണ് നമുക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ സന്തോഷം വരണം എന്താണെന്ന് വെച്ചാൽ അതിന് അനേകമായിട്ട് പിരിഞ്ഞിട്ടേ ഒരു ചിത്ത് മാത്രമാണ് പതുക്കെ പതുക്കെ പതുക്കെയാണ് നമ്മൾ അതിനെ ഹിപ്പനോട്ടൈസ് ചെയ്ത് ഹിപ്പനോട്ടൈസ് ചെയ്ത് ഇവിടെ നോക്കൂ ദാക്കല കിലൊക്കെ കാണിച്ചു അമ്മ അച്ഛൻ ആവൂന്നൊക്കെ പറഞ്ഞ് ഓരോ ഇന്ദ്രിയങ്ങളെ ആയിട്ട് നമ്മൾ നമ്മൾ ഉണർത്തിയിട്ടില്ലെങ്കിലും ഉണരും നമ്മൾ വെറുതെ പറയണോ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോ കാണണം എന്ന് സങ്കല്പിച്ച് കണ്ണിലൂടെ പുറത്തേക്ക് വരും ചെവിയിലൂടെ ഗ്രഹിക്കും മൂക്കിലൂടെ മണക്കും നാവിലൂടെ രുചിക്കും ത്വക്കിലൂടെ സ്പർശിക്കും അവസാനം ഞാൻ എന്ന് പറയും ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ പറയാ ഞാൻ എന്നൊക്കെ പറയും എന്റെ എന്നൊക്കെ പറയും ഒക്കെ ഉള്ളിൽ എങ്ങനെ വരികയാണ് അല്ലേ സൃഷ്ടി കാണണമെങ്കിൽ ഒരു സ്ഥലത്ത് കണ്ടാ മതി എവിടെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ മതി ഏകസ്ഥ എല്ലായിടത്തും കാണാൻ പിന്നെയാണ് അങ്ങനെ ഭഗവാൻ ഇവിടെ പറ ഭഗവാന്റെ അടുത്ത് अनेक വസ്ത്രം അനേക മുഖങ്ങൾ അനേക നയനം അനേകം കണ്ണുകൾ അനേക അദ്ഭുത ദർശനം അനേക ആശ്ചര്യമായ ദർശനങ്ങൾ ഇനിയിപ്പോ പറയണത് അനേക ദിവ്യ ആഭരണം എന്നാണ് നമ്മൾ ഈ പറയണ നെക്ലസ് വളമാല മോതിരം എന്തൊക്കെയോ ഉണ്ടല്ലോ അല്ലെ ഈ ആഭരണങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ ആദ്യം ഭഗവാന്റെ അടുത്താണ് അത് കണ്ടിട്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയത് പറയുന്നത് എല്ലാ ഇമാജിനേഷനും ഒരു സോഴ്സ് വേണല്ലോ സോഴ്സ് അടുത്താണ് ഈശ്വര നമ്മൾക്ക് നമ്മൾക്ക് ഒറിജിനലായിട്ട് ഒന്നുമില്ല അപ്പൊ ഭഗവാൻ ഈ പൊക്കീനെ ഇടം കങ്കണത് ആ ഏത് കൊല്ലന്റെ അടുത്ത് പണിയെടുപ്പിച്ച് ചോദിച്ചൊക്കെ ഫുൾ ീശ്വരന്റെ അടുത്തുള്ള ആഭരണങ്ങളെ കണ്ടിട്ടാണ് അത്രയോ മനുഷ്യൻ ആവരണം അണിയാൻ തുടങ്ങിയത് മനുഷ്യൻ ഈശ്വരന്റെ ഒരു മിനിയേച്ചർ ഫോം ആണേ അനേക ദിവ്യാഭരണം യോഗികളുടെ വിഷനാണോ അതൊക്കെ യോഗികൾ ദർശിക്കുമ്പോ ചെലപ്പോ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഭഗവാനെ സുവർണമയമായിട്ട് കണ്ടിട്ടുണ്ട് സുവർണജ്യോതി ആയിട്ട് കണ്ടിട്ടുണ്ട് അനേക ദിവ്യാഭരണങ്ങളോടുകൂടെ കണ്ടിട്ടുണ്ട് അനേക ദിവ്യ മാലയാനുലേപനം ദിവ്യമാലകളോടുകൂടെ മണം സുഗന്ധം ഗോപികകൾ പറയണു ഭാഗവിതത്തിൽ കൃഷ്ണനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കണു അപ്പൊ പറയണു എവിടെയോ കൃഷ്ണന്റെ മണം വരണോന്ന കുലപതേ ഇഹവാദി ഗന്ധ കുന്തര കുലപതേ ഇഹവാതി ഗന്ധ മുല്ലപ്പൂവിനോടുകൂടെ കുങ്കുമം കലർന്ന് അതിലെ ഹരിയുടെ പരിമളമേന്തി കാറ്റു കൊണ്ടുവരണമെന്ന് മുല്ലപ്പൂവിന്റെ മണത്തോടുകൂടെ കുങ്കുമം കലർന്ന് അതിലെ ഹരിയുടെ പരിമളത്തോടു കൂടെ മാരുതൻ വീശിക്കൊണ്ടുവരുമ്പോ എവിടെയോ കൃഷ്ണന്റെ ഒരു സുഗന്ധം വരേണ്ടതെന്ന് മഹാപുരുഷന്മാരുടെ ജ്ഞാനത്തിനൊരു മണങ്ങൾ രമണാശ്രമത്തിൽ വന്ന് നോക്കൂ ഭഗവാന്റെ സന്നിധിയൊക്കെ മണക്കും ആ ഹാളൊക്കെ മണക്കും പഴയ സാധനങ്ങളൊക്കെ മണക്കും ഒരു സുഗന്ധണ്ട് ഭഗവാന്റെ കൃതി അക്ഷര മണമാല എന്നാണ് അക്ഷരം വെച്ച ആത്മാ ആത്മാവ് മണക്കുന്ന ഒരു മാല അക്ഷരത്തിന്റെ മണമുള്ള മാല ഭഗവാനെ അരുണാചല രമണ സ്തുതി പഞ്ചക എഴുതിയ സത്യമംഗലം വെങ്കട്ടരമണയ്യ പറഞ്ഞു എവിടെയോ ജ്ഞാനം മണത്തിട്ട് അത് മണം പിടിച്ച് മണം പിടിച്ചാണ് ഞാൻ ഇതുവരെ വന്നതാണ് പൊന്നുളിർ വടിവിനാലേ പൂരണവദനത്താനേ തന്നറും സ്വാനുഭൂതി ധരയലാം മണക്കയേഴ് ധരയലാം മണക്ക ഭൂമിയൊക്കെ മണക്കണു ഉന്നറും പുഴ ഉലകലാംൾ ഇറയേ ജ്ഞാനമണനെ ആ ജ്ഞാനത്തിന്റെ മണം അഹങ്കാരാശമായി സ്വാനുഭൂതി ധരയലാം മണക്ക് സ്വാനുഭൂതി ഭൂമിയിലൊക്കെ മണത്തൂന്നാണ് ആ സുഗന്ധം അങ്ങനെ പറഞ്ഞു സാധാരണ തന്നെ യോഗികൾ പറയും സിദ്ധന്മാര് ചിലപ്പോ അശരീരികളായിട്ട് ചിലയിടത്ത് പ്രവേശിച്ചാൽ അവരെയൊക്കെ അറിയണത് മണം കൊണ്ടാടുന്നതാണ് ഒരു സുഗന്ധം കാരണമില്ലാതെ ഒരു സുഗന്ധം എന്നാൽ ഏതോ മഹാപുരുഷന്മാരുടെ സാന്നിധ്യമുണ്ട് അർത്ഥം ഭക്തിക്കൊരു മണമുണ്ട് അല്ലേ ഭക്തിക്കൊരു സുഗന്ധുണ്ട് കഴുത്തില് മാലയിട്ട് അതൊക്കെ ചെയ്യണത് അതൊരു സുഗന്ധം ചന്ദനൊക്കെ ദേഹത്ത് ധരിച്ച് അതൊക്കെ സുഗന്ധം ഭക്തിയുടെ ഒരു മണം ഭാഗവത സമ്പ്രദായത്തിൽ ഇപ്പോഴും നാമസങ്കീർത്തനമൊക്കെ ചെയ്യുമ്പോ ഭജനയൊക്കെ പാടുമ്പോ കഴുത്തിൽ മാലയിട്ട് മേലെയൊക്കെ ചന്ദനം തേച്ചൊക്കെ ചെയ്യും ഇപ്പൊ എന്തിനാ ചെയ്യണമെന്ന് പറയില്ലേ എല്ലാ പണിണ്ടിരിക്കോ നാമ അല്ലെയാ രാമകൃഷ്ണ പരമഹംസർക്ക് മധുരഭാവ ഭക്തിയിൽ വന്നിട്ട് ശരീരം മുഴുവൻ ചുട്ടുനീറ്റൽ എരിയൽ ആ എരിച്ചൽ അടങ്ങാതായപ്പോ ബ്രാഹ്മണി ചെയ്തൊരു കഴുത്തില് മാലയണീച്ച് ശരീരം മുഴുവൻ ചന്ദനം തേച്ചു അതാ അത് ആ സമ്പ്രദായം ആ സമ്പ്രദായമാണ് ഇപ്പോഴും നാമസങ്കീർത്തനം ചെയ്യുമ്പോ ഭജന ഭജന സമ്പ്രദായത്തിലൊക്കെ ശരീരത്തിൽ ചന്ദനം തേക്കലും ആലയിടലും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഈ ഭാവഭക്തി വരുമ്പോ ഒരു എരിച്ചൽ വരും ശരീരത്തിലൊക്കെ ചൂട് വരും അതിനൊരു പരിഹാരമാണ് ഈ ചന്ദനം മാല സുഗന്ധ വസ്തുക്കളൊക്കെ ഈശ്വരന്റെ ഒരു സുഗന്ധം അല്ലേ തുളസി മണക്കുമ്പോ ഒരു വൈഷ്ണവഭാവം ഒരു കൃഷ്ണന്റെ മണം യുവാരപ്പനൊരു മണുണ്ട് ഭക്തന്മാർക്ക് അതാത് ഭക്തന്മാർക്ക് അതാത് ഒരു മണുണ്ട് സുഗന്ധമുണ്ട് ഓരോരോ സമ്പ്രദായത്തിനൊരു സുഗന്ധമുണ്ട് ഒരു മണുണ്ട് കോയമ്പത്തൂർ വളരെ കാലത്ത് മുമ്പ് നമ്മളുടെ സത്സംഗം നടക്കുമ്പോൾ ഒരു ഒരു ഒരു ഭക്തൻ വന്നിരുന്നു വന്നിരുന്നിട്ട് പറഞ്ഞു അത് എന്നത് അത് ശിവം മണക്കരുത് ആ ശിവം മണക്കുണോ ആ ശൈവ ശിവം അദ്ദേഹം പറഞ്ഞ വാക്കതാണ് ശൈവം മണക്ക ശിവം മണക്കരുത് ശിവഭക്തിയുടെ ഒരു സുഗന്ധം ദിവ്യ ഗന്ധാനുലേപനം ദിവ്യമായ ഗന്ധം ദിവ്യമായ ലേപം ദിവ്യമാല്യാമ്പരധരം ദിവ്യമായ മാലകള് വസ്ത്രങ്ങള് ഇതൊക്കെ ധരിച്ചിരിക്കണമെന്നാണ് ഭഗവാൻ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാം ഈ ലോജിക്കൊക്കെ അവസാനിപ്പിച്ചിട്ടേ ഈ വിശ്വരൂപ ദർശനത്തിലേക്ക് വരാൻ പാടുള്ളൂ ഇതൊക്കെ യോഗികളുടെ ദർശനമാണ് വ്യാസന്റെ ദർശനമാണ് ഭഗവാന്റെ ദർശനമാണ് ഇതൊക്കെ അതേപടി തന്നെ കാണണം അനേക ദിവ്യ മാലയാമ്പരതരം ദിവ്യ ഗന്ധാനുലേപനം ദിവ്യമായ ഗന്ധം അതിന്റെ ഒരു മണം അനുലേപങ്ങള് ഇതൊക്കെ കൂടെ അതിനായിട്ട് ഒരു അന്തരീക്ഷം സർവാശ്ചര്യമയം ദേവം ഈശ്വരനിൽ എല്ലാ ആശ്ചര്യമുണ്ട് ഭഗവാൻ പേര് തന്നെ രാമതീർത്താമി പ്രഭാഷണം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഹീന്ന് പറയും ചിലപ്പോഴൊക്കെ ഷീ ചിലപ്പോഴൊക്കെ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു ഫോറിനർ ചോദിച്ചു സാർ പ്ലീസ് ടെൽ മീ വെദർ യുവർ ഗാഡ് or മിസ്റ്റർ ഓർ മിസ് ഔർ മിസ്സിസ് ഓൾ ജെൻഡ്സ് അപ്പൊ രാമതീർത്തൻ പറഞ്ഞു അവർ ഗാഡ് ഇസ് നെയ്ദർ മിസ്റ്റർ നോർ മിസ് Mrs. He is a mystery ആശ്ചര്യം സർവാശ്ചര്യമയം എല്ലാ ആശ്ചര്യം ബ്രഹ്മ ആശ്ചര്യം ഉപനിഷത്ത് തന്നെ പറയണത് ജ്ഞാനിയെ ആശ്ചര്യമായി ലോ ലോകം കാണുന്നു ജ്ഞാനത്തിനെ ആശ്ചര്യമായി കാണുന്നു ബ്രഹ്മത്തിനെ ആശ്ചര്യമായി കാണുന്നു ആശ്ചര്യവത് പശ്യതി കശിതേനം ആശ്ചര്യവത് വധതി തഥൈവാനവ് ചൈനം അന്യ ശൃണോ ക്ഷുത്വാപേനം വേദന ശൈവ കശ്യത്ത് ആശ്ചര്യം എന്ന് പറയണത് അന്തരാത്മാവിന്റെ ശ്രദ്ധാശക്തി ഉണരുമ്പോ മനസ്സിൽ വരുന്ന ഒരു സ്വാപ്നിക മണ്ഡലമാണ് ആ സ്വാപ്നിക മണ്ഡലത്തിലാണ് ഈ ആശ്ചര്യം തന്നെ വരേണ്ടത് അല്ലെ കുട്ടികൾക്ക് നോക്കൂ എല്ലാത്തിനും ഒരു ആശ്ചര്യം നമ്മൾക്ക് വയസ്സാകാൻ പോലെയല്ല ഒന്നിലും ആശ്ചര്യം എന്ത് വന്നാലും ചത്തുപോയി പകുതി ചത്തുപോയി കഴിഞ്ഞു വന്ന ഒന്നിലോ വരും നടക്കും നടക്കട്ടെ എന്ത് നടന്ന ഒന്നിലും ആശ്ചര്യമല്ല അതിന്റെ ഉള്ളിൽ ശ്രദ്ധാശക്തി ഗുണ ആശ്ചര്യം ഒരു സമാധിയാണ് അല്ലേ സൂര്യൻ ഉദിക്കുമ്പോ ആശ്ചര്യം വേദത്തില് ഋഗ്വേദത്തില് സൂര്യോദയത്തിനെ സ്തുതിക്കണു ഋഷി സൂര്യോദയം നമ്മൾ ദിവസം കാണുന്നതല്ല ഓരോ ദിവസവും സമാധിയാണ് അത് ഉദിച്ചെങ്ങനെ വരും ബഹിരൺമയേന പാത്രേന ദിവ്യത്വത്തിന്റെ തിരുവെഴുന്നള്ളത്താണ് ശിവേലി പോലെ ഭഗവാൻ ദിവസം വരണു അത് കാണാൻ കഴിയാതെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയി കാണണോ നോക്കണേ പോണോ അവിടെ പോകണോ ടി പലരും സൂര്യോദയം കാണുന്നത് മുമ്പിലുണ്ട് ആശ്ചര്യം ഈശ്വരന്റെ മിശ്രി ഈശ്വരന്റെ ദിവ്യത്വം സൗന്ദര്യം എവിടെ എങ്ങനെ നോക്കിയാൽ പ്രകൃതി മുഴുവൻ അപ്പൊ മഴ പെയ്തത് നോക്കിക്കൊണ്ടിരിക്കുക അത് സമാധിയാണ് അതായത് മഴ ചറുബറ് ചറുബറ് ചെറുപുറു ഞാൻ തന്നെ പെയ്യണു എന്നാണ് ഭഗവാൻ ഏഴാമത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞു വർഷാമി ഉത്സൃജാമി നിഗൃഹാമി ഒക്കെ ഞാൻ തന്നെ ആ വൃഷ്ടി ഞാനാണ് ഈശ്വരന്റെ സ്വരൂപം അല്ലേ രാമായണത്തില് ഭഗവാൻ അങ്ങനെ വർണ്ണിക്കണു മഴ കേരളത്തിലെ മഴയാണ് ഭഗവാൻ വർണ്ണിക്കണത് കിഷ്കിന്തയില് വന്നിട്ട് നമ്മുടെ നാടാണല്ലോ പമ്പയുടെ തീരത്തു നിന്നാണല്ലോ പറയണതല്ലേ നമ്മുടെ നാടാണപ്പോ സ്വഭാവം തിരിത്തിരി അതേപോലെ തന്നെ അപ്പൊ നമുക്ക് അവിടെ വന്നിട്ടാണ് അവിടെ പ്രസ്രവണഗിരിയിൽ ഇരുന്നിട്ടാണ് ഭഗവാൻ പറയണത് ആ നോക്കൂ ആ മേഘം ഇങ്ങനെ വന്ന് മഴ പെയ്യുമ്പോ ആ അത് ആ വാൽമീകിയുടെ സമാധിയാണ് ഇഷ്കിന്ദാ കാഡത്തില് വാൽമീകി പറയണു ദാ നവമാസൃതം ഗർഭം ഭാസ്കരസം സമുദ്രാണാം ദ്യോഹു പ്രസൂത്തെ രസായനം പീത്വാരസം സമുദ്രാണാം സമുദ്രത്തിലെ ജലം കുടിച്ച് ഒമ്പത് മാസം ഗർഭം ധരിച്ച് ആകാശദേവത അമൃതത്തിന് പ്രസവിക്കുന്നു എന്നാണ് അമൃതവൃഷ്ടിയാണ് അതൊരു ഒരു സമാധിയാണ് കാണുമ്പോൾ ആശ്ചര്യം എന്തിലാണ് ആശ്ചര്യം ഒരു പുഷ്പം വരിയണത് ആശ്ചര്യം ഒരു വണ്ട് വന്നിരിക്കണത് ആശ്ചര്യം ഇതൊക്കെ ഭഗവാന്റെ ആശ്ചര്യത്തിലാണ് കമ്പൻ കവി ചക്രവർത്തി എന്ന് പറയുന്ന തമിഴ് രാമായണം എഴുതിയ കമ്പൻ രാമായണം എഴുതി എല്ലാവരും ആശ്ചര്യം ആശ്ചര്യം ആശ്ചര്യം എന്നു അവയാർ മഹാഭക്തയായ അവയാർ ഇതിലെന്ത് ആശ്ചര്യമുള്ള ഒരു തൂക്കണാംകുരുവി കൂട് കെട്ടണു അത് കണ്ട് ആശ്ചരിക്കപ്പെടാതെ ഈ കമ്പന്റെ പാട്ടിനെയാണോ ഇതിന് രണ്ട് പാട്ട് ഞാൻ എഴുതി തരാമെന്ന് എഴുതി കൊടുത്തു ഒരു തൂക്കണാങ്കുരുവി കെട്ടുന്ന കൂട് കണ്ട ആശ്ചര്യപ്പെടാതെ നിങ്ങൾ ഒരാള് കുറെ വാക്കുകളെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു ഇട്ടിട്ട് എന്തോ കവിത എഴുതി എന്ന് പറഞ്ഞ ആശ്ചര്യപ്പെടുന്നു ഇവിടെ ഈശ്വരന്റെ ആശ്ചര്യമാണ് സർവാശ്ചര്യമയേ അച് സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വത്തോ മുഖം ആശ്ചര്യത്തിനൊരു അന്തമേല അനന്തം വിശ്വത്തോമുഖം ഭഗവാൻ ഒരേ രൂപത്തിൽ വന്നാൽ ബോറിടിക്കില്ലേ അതുകൊണ്ട് ഭഗവാൻ ഭഗവാൻ ഒറിജിനലാണോ നോക്കും ഒരാൾ ഒരാളെ പോലെ ഉണ്ടോ നോക്കൂ നമ്മളൊരു പത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരേപോലെ അല്ലേ ഒക്കെ സൈക്കോളസ്റ്റായിട്ട് മെഷീൻ പോലെയാണ് എല്ലാം ഒരേപോലെ കോപ്പി അടിച്ച പോലെ നമുക്ക് വേറെ വേറെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ നമ്മളുടെ സ്പെഷ്യാലിറ്റി എല്ലാം ഒരേപോലെ ഈശ്വരന്റെ സ്പെഷ്യാലിറ്റി ഒന്നും ഒരേപോലെ ഇല്ല എല്ലാം വേറെ വേറെ എത്ര ആളുകൾ വന്നു എല്ലാം വരെ വരെ എന്റെ ഈശ്വരനും ഒരു വലിയ കവി പുരാണം അനുശാസിതാരം വലിയ കവിയാണ് ഓരോരാളും ഓരോ വ്യക്തിയും ഈശ്വരന്റെ ഒരു കവിതയാണ് ഓരോരുത്തരുടെ ജീവിതവും ഈശ്വരന്റെ ഒരു നോവലാണ് സാഹിത്യ അക്കാദമി അവാർഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും കോണമാണോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അതിനൊരു അവാർഡൊക്കെ നമ്മൾ വാങ്ങിക്കും ഞാനെ പീഡമോ എന്തെങ്കിലും പീഠം ഓരോരാളുടെ ജീവിതവും ഈശ്വരന്റെ ഒരു നോവൽ പോലെയാണ് ഫിക്ഷൻ ആണത് സർവാശ്വര്യം ഒരാളുടെ ജീവിതം പോലെ ഇല്ലേ വര ഒരാളുടെ അല്ലേ റെഡിമെയ്ഡായിട്ട് അടുത്ത മൊമെന്റിൽ എന്താണെന്ന് മനസ്സിലാവൂ മനസ്സിലാവില്ല അതാണ് അതിന്റെ എക്സ്ട്രസി ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും അറിയില്ല ആ അറിയായ മേലാണ് ഈശ്വരത്വം ഇരിക്കണത് അറിയില്ല ഒക്കെ അറിഞ്ഞു വെച്ചാൽ ബോറടിക്കുന്നു അല്ലേ നിങ്ങൾ ജ്യോത്സ്യം ജ്യോത്സ്യം എന്ത് പറഞ്ഞാലും ഒന്നും ശരിയാവില്ല നാടീ ജോത്സ്യം പഴയ നമ്മളുടെ പേര് ഈരും ഒക്കെ പറയാം അതൊരാശ്ചര്യം അത് ഭഗവാൻ വെറുതെ നമ്മളുടേത് കളിക്കുകയാണ് ഒക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചർ പറഞ്ഞ് നോക്കുക ഒന്നും ശരിയാവില്ല എന്താ അത് ഭഗവാന്റെ മണ്ഡലമാണ് ആശ്ചര്യം എല്ലാം അനന്തം ദൈവം വിശ്വത്തോ മുഖം എവിടെ നോക്കിയാലും ഓരോരാളുടെ മുഖം കാണുമ്പോൾ ഈശ്വരനാണ് മുഖത്തിലൂടെ നമ്മൾ നോക്കുന്നത് ഈഗോവിനെ നോക്കാൻ പാടില്ല അഹങ്കാരത്തിനെ നോക്കാൻ പാടില്ല അതവിടെ കിടക്കട്ടെ അതല്ലാതെ അതിനകത്ത് വിശ്വതചക്ഷുഹു എന്ന് വെച്ചാൽ എല്ലാ ചക്ഷുസിലൂടെയും ഭഗവാൻ കാണുന്നു വിശ്വതശക്ഷുത വിശ്വതോ മുഖോ എല്ലാ കയ്യിലൂടെയും ഭഗവാൻ ഒരു ഇതറിഞ്ഞ ആൾക്ക് എല്ലാ കയ്യിലൂടെയും ഭഗവാൻ ആശീർവദിക്കും എല്ലായിടത്തും ഭഗവാന്റെ ഹാർട്ട് ഹൃദയം ദാറ്റ് യൂണിവേഴ്സൽ ഹാർട്ട് ഈസ്റ്റോങ് വിശ്വതോമുഖം ദേവം അനന്തം സർവാശ്ചര്യമയം ദിവ്യ ഗന്ധാണുലയപനം ദിവ്യ മല്യാംബരധനം അനേക വക്ത നയനം अनेक അത്ഭുത ദർശനം അധ്യാത്മ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓരോ മൊമെന്റും ത്രില്ലാണ് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഒന്നും ആവശ്യമില്ല അതാണ് പൂന്താനം പറഞ്ഞത് മായ ജാലങ്ങൾ കാണുമ്പോൾ ജായ ജാലങ്ങൾ ഗോഷ്ടികൾ മായ കാട്ടുന്ന ജാലങ്ങൾ തന്നെ ജ്ഞാനിക്ക് ഈശ്വരന്റെ തന്നെ പ്രകടനമാണത്ര ഒക്കെ ഈശ്വരന്റെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ആണ് വൈഭവമാണ് അതൊരു ഒരു പ്രത്യേക സാധനമല്ല എല്ലാം ഓരോരോ ഫോമും ഒരു അവതാരം ഈ ജഗത്ത് എന്ന് പറയുന്നത് ആദ്യോ അവതാരവും പരമേശ്വരസ് ഈശ്വരന്റെ ആദ്യ അവതാരമാണ് ജഗത്ത് എല്ലാത്തിന്റെ രൂപത്തിലും ഭഗവാൻ വിശ്വത്തോ മുഖം എവിടെ നോക്കിയാലും ഭഗവാൻ അവിടെ കാണുന്നു ദിവിസൂര്യസഹസ്ര ഭേദ്യുഗപദുദ്ധിതൃശീസസ്ഥാത്മന ഒരായിരം സൂര്യൻ ഉദിച്ച പോലെ ഉള്ള ജ്യോതി ഒരു സൂര്യനെ നമുക്ക് കാണാൻ ഒരു സൂര്യനെ നോക്കാൻ വയ്യ ദിവി സൂര്യ സഹസ്രുഗപദ് ഒറ്റ അറ്റ് എ ടൈം യുഗപദ് അറ്റ് ടൈം ഉത്ഥിത ഉണർന്ന പോലെ ആയിരം സൂര്യന്മാരൊന്നിച്ചുദിച്ച പോലെ ഒരു പ്രകാശം നിങ്ങൾക്ക് ഭാവന ചെയ്യാമെങ്കിൽ അതിന് തുല്യമായ പ്രകാശത്തോടു കൂടി ഭഗവാൻ ജ്വലിച്ചു എന്നുവെച്ചാൽ ഈ കണ്ണുകൊണ്ട് കണ്ടില്ല എന്നർത്ഥം ഈ കണ്ണുകൊണ്ട് ആയിരം സൂര്യനൊന്നും കാണാനൊന്നും പറ്റില്ല ഒരു സൂര്യനെ ഉദ്യന്തം ആദിത്യം സൂര്യനെ ഉദിച്ച കണ്ണുകൊണ്ട് കാണാൻ പാടില്ല പറഞ്ഞത് നല്ലതല്ല എന്നൊക്കെയാണ് ആയിരം സൂര്യൻ ഉദിക്കുന്നെച്ചാൽ സ്വയം പ്രകാശമാനമായ വസ്തു അങ്ങനെ ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് ത്രൂ ദ ലിമിറ്റേഷൻ ഓഫ് ദ സെൻസസ് ഇന്ദ്രിയങ്ങളുടെ പിടി കൊണ്ടൊന്നുമല്ല ഇന്ദ്രിയങ്ങളുടെ പിടിക്ക് അപ്പുറത്താണ് അതിനെ ജ്വലിക്കുന്നത് അതുകൊണ്ട് അനേക സൂര്യന്മാരെന്നൊക്കെ പറയണത് എന്താ ഇന്ദ്രിയ ഗ്രാഹ്യമല്ല അത് അതുകൊണ്ട് തന്നെ ഗ്രഹിക്കുകയാണ് ആ വസ്തു കൊണ്ട് തന്നെ ഈശ്വരനെ കൊണ്ട് തന്നെ ഈശ്വരനെ കാണുകയാണ് അങ്ങനെ അർജുനൻ കണ്ടു എന്ന് പറഞ്ഞ് തത്രൈകസ്തം ജഗത് കൃസ് പ്രവിഭക്തമനേകഥ അപശ്യ പാണ്ഡവസ്തഥ അവിടെ ഏകസ്തം ഒരേ അധിഷ്ഠാനത്തില് കൃത്നം ജഗത്ത് അനേകം പ്രവിഭക്തം അനേകൂപത്തിലുള്ള ഈ ജഗത്തിനെ കണ്ടു ദേവദേവ ശരീരേ ആ പരമേശ്വരൻറെ ദേവദേവനായ ഭഗവാന്റെ ശരീരത്തില് പാണ്ഡവൻ അത്രയും വിശ്വം ബ്രഹ്മം മുഴുവൻ ഒരു സ്ഥലത്ത് കണ്ടു തുടർന്ന് ഉള്ള ശ്ലോകങ്ങൾ നമ്മൾ നാളെ കാണാം അരുണാഹലശ അരുണാ ചല ശിവ അരുണാ ശിവ അരുണാചല അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാച്ചല അരുണല ശിവ അരുണാച്ചല ശിവ അരുണാ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാച്ചിവ tato യ മമാത്മാവസി മേ gurumam മിചിസ്തിയേട്ടം കൂർമാം തം ramanam ഭമ